ഞാൻ സർവസ്മിൻ വസതി അസംഘ്യാതൃ കർത്തൃത്വം സ്വാതന്ത്ര്യം ആ അത് വരണമെങ്കിൽ അഭ്യാസം സംഭവിക്കാം പ്രമാതൃത്വം അന്തരീണ പ്രമാണ പ്രവൃത്തി എടുത്തി പ്രമാതൃത്വം ഞാൻ പ്രമാതാവാണ് സ്വാതന്ത്ര്യമുള്ളവനാണ് എന്നു വന്നെ ഒരു പ്രമാണങ്ങൾ പ്രവർത്തിക്കത്തുള്ളു എന്നുവെച്ചാൽ ആത്മാവിനെ സംഭവിക്കുക അധ്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രമാതൃത്വം വരും അപ്പൊ പ്രമാണം പ്രവർത്തിക്കും പ്രമേയമുണ്ടാവും പിന്നെ പ്രവൃത്തിയും മറ്റ് സംഭവിക്കും തസ്മന്ത് അവധ്യാവശയ പ്രത്യക്ഷാധീനി പ്രമാണാൻ ശാസ്ത്രാണി അതുകൊണ്ട് വനാണ് അധ്യാസമുള്ളവനെ ആശ്രയിച്ചിട്ടാണ് പ്രത്യക്ഷാതി പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും പ്രമയും എല്ലാ അവിദ്യ അധ്യാസം അവിദ്യയും അധ്യാസവും വേറെ എന്നുള്ള പക്ഷെ ഇവിടെ ഭാഷയത്തിലൂടെ പറയുന്ന ചിലർ പറയുന്നതനുസരിച്ച് വിദ്യാകാര്യമാണ് അധ്യാസം പക്ഷെ അതികൂടെ ചർച്ച ചെയ്യുന്നത് അവിദ്യ അധ്യാസം ഒന്നെന്ന് പറയുന്നു ഇതിരേതാസം എന്നാ പറയുന്നു അപ്പൊ അവിദ്യാപത് വിഷയാണി എന്ന് വെച്ചാൽ അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചാണിരിക്കുന്നത് അധ്യാസമുള്ളവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ അധ്യാസം ഇല്ലെങ്കിൽ അവിടെ പ്രമാണ പ്രവൃത്തിയില്ല പ്രമേയം ഉണ്ടാകത്തില്ല അതിന് ഉദാഹരണമാണ് എന്ത് അവിടെ പ്രമാണ പ്രവർത്തി പിന്നെ അവിടെ അവിദ്യ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ തർക്കം വരുന്നു ഇതുകൊണ്ടാണ് അദ്വൈതികളുടെ ഇതിൽ തർക്കം വരുന്നു അതായത് അധ്യാസം അവിദ്യ കാര്യം എന്ന് പറയുന്നവർ പറയുന്നത് അവിടെ അധ്യാസമില്ല പക്ഷെ അവിദ്യയുണ്ട് കാരണം അധ്യാസം എന്താണ് അവിദ്യയുടെ കാര്യമാണ് അപ്പൊ ജ്ഞാനം കൊണ്ട് അധ്യാസം നശിക്കും ജ്ഞാനം കൊണ്ട് അധ്യാസം നശിക്കും അതിന് അത് അവരംഗീകരിക്കുന്നുണ്ട് ജ്ഞാനം കൊണ്ട് അധ്യാസം നശിക്കും പക്ഷേ അവധ്യം നശിക്കില്ല വിദ്യ എന്തുപറയുന്നു സമാധിയിലെ അപരോക്ഷ ജ്ഞാനം കൊണ്ടാണ് വിദ്യ നശിക്കുന്നത് അവിദ്യ നശിച്ചാലേ പ്രപഞ്ചത്തിന് ബാധ സംഭവിക്കുക അവരുടെ അഭിപ്രായത്തില് പ്രപഞ്ചബാധ എന്ന് പറയുന്നത് എന്താണ് അവിദ്യ ഉപാദാനമാണ് പ്രപഞ്ചത്തിന് സമാധിയിലുണ്ടാവുന്ന അപരോക്ഷജ്ഞാനം എന്തു ചെയ്യുന്നു ഉപാദാനമായ അവിദ്യയെ നശിപ്പിച്ച പ്രപഞ്ചം നശിച്ചു അതാണ് ബാധ എന്നാണ് അവർ പറയുന്നത് പ്രപഞ്ചം തന്നെ നിശ്ചവ അതാണ് സമാധി ഇരിക്കുന്ന ആളിനെന്തില്ല പ്രപഞ്ചമില്ല പ്രപഞ്ചം നിശ്ചയിച്ചു എന്തുകൊണ്ട് നിശ്ചയിച്ചു സുഹൃത്തി അവിദ്യ ഉണ്ട് എന്ന് പറയുന്നവര് ഇതാണ് അധ്യാസത്തെയും അവിദ്യയും രണ്ടായി സ്വീകരിക്കും ഈ അധ്യാസത്തെ ഒരു കാര്യവിദ്യ എന്ന് പറയും മറ്റത് മൂലാവിദ്യ വ്യത്യാസമുള്ള മൂലാവിദ്യ നശിക്കണമെങ്കിൽ എന്തു വേണം സമാധിയിലെ കർണശരീരം എന്ന് പറയുന്നത് സുഹൃത്തിൽ ഞാനും സ്വീകരിക്കുമ്പോൾ അവിദ്യയെ കർണശരീരമായി സ്വീകരിക്കും അധ്യാസമാണ് അവിദ്യ കാരണശരീരം എന്ന് പറയുന്നത് എന്തിനാ തന്നെ അധ്യാസത്തെ തന്നെ അധ്യാസമാണ് ഇവിടെ ഇപ്പൊ ഭാഷകാരൻ അങ്ങനെ പറയുന്നു അധ്യാസം അവിദ്യ എന്നാണ് പറയുന്നത് അപ്പൊ അധ്യാസം അവിദ്യ എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ കാരണശരീരം വേറെ അവിടെ അവിദ്യ അങ്ങനെയൊന്നില്ല പക്ഷെ ആ വിദ്യ കാര്യമാണ് അധ്യാസം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ മൂലാവിദ്യ അതാ എന്ത് ബാധ നശിച്ചാല് പ്രപഞ്ചനാശം പ്രപഞ്ചബാധ സംഭവിക്കും അപ്പൊ അവിടെ ബാധയ്ക്ക് വേറെ അർത്ഥമാണ് ബാധക്ക് പല അർത്ഥമാണ് പ്രപഞ്ചബാധ സംഭവിക്കാന്ന് വെച്ചാൽ പ്രപഞ്ചം തന്നെ നശിച്ചു പോവുകയാണ് അങ്ങനെ അധ്യാസം നശിച്ച പിന്നെ എന്ത് നശിക്കണം ആ വിദ്യ അവിദ്യം നശിക്കുകയും പ്രപഞ്ചവും നശിക്കുന്നു അത് എങ്ങനെയാ നശിക്കുന്നത് സമാധി എന്തുകൊണ്ട് അവിധ്യം നശിക്കുന്നു പ്രപഞ്ചം നശിക്കുന്നു പ്രപഞ്ചത്തിന് ഉപാധാനം സമാധിയുണ്ട് നശിക്കും ആ പ്രക്രിയ വെച്ചാണ് ഇവിടെ ബ്രഹ്മവിദ് വരിയാൻ വരിഷ്ഠൻ എന്നൊക്കെയുള്ള പറഞ്ഞിരിക്കുന്ന ആ പ്രക്രിയ വെച്ചും സുഷത്തി അജ്ഞാനം ഉണ്ടോ ഇല്ലേന്ന് അറിയുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണ് അധ്യാസവും അവിദ്യയും ഒന്നാണോ രണ്ടാണോന്നുള്ള ആശ്രയിച്ചിട്ടാണ് അധ്യാസവും അവിദ്യയും രണ്ടാണെങ്കിൽ സുഷൃത്തിയിൽ അജ്ഞാനം അല്ലെങ്കിൽ അഞ്ജാനുള്ള അവിദ്യ ഉണ്ട് പക്ഷെ അവിദ്യക്കെന്തു പറയും ഇനി അധ്യാസം തന്നെ അവിദ്യ വേറെയൊരു വിദ്യ ഇല്ല എന്നാണ് പറയണെങ്കിലോ സുരക്ഷില്ല അജ്ഞാനം ഇല്ല ബ്രഹ്മനിഷ്ഠന്നൊക്കെ ഏതിനും പറയാം ബ്രഹ്മനിഷ്ഠ ആ സുരക്ഷിതത്തി ദൃഷ്ടാന്തം എന്ന് പറയുന്ന ഏതിനും പറയാം കാരണം എന്താണ് അവിടെ അത്യാസമുണ്ട് അധ്യാസം ഇല്ലെങ്കിൽ ശരീരത്തോത്മ്യമില്ല അഹംബോധമില്ല അപ്പൊ പിന്നെ എന്താണ് കേവലം ബ്രഹ്മം ഇനി ആ വിദ്യ മൂലാവിദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്തുകൊണ്ട് ആ വിദ്യ കാര്യത്തെ ഉണ്ടാക്കുന്നതല്ല ആ വിദ്യ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല അങ്ങനെയൊക്കെ പറയാം പിന്നെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഈ കാര്യത്തെ ഉണ്ടാക്കുന്ന ആ വിദ്യ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു മൂലാവിദ്യ എന്ന് പറയുന്നത് അവിടെ കാര്യത്തെ ഉണ്ടാക്കുന്നില്ല സുഷത്തിൽ അവിടെ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എന്താണ് അത് പിന്നെ ജാഗ്രതല്ലേ ജാഗ്രത സംഭവിക്കുന്നവര് സുഷുത്തിൽ ഒന്നും ചെയ്യുന്നില്ല ജാഗ്രതയിലല്ല സംഭവിക്കും ജാഗ്രത ആ വിദ്യയും വരും അത്യാസവും എന്തേ ഉള്ളു അപ്പോൾ ആ മൂലാവിദ്യ ദോഷമൊന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് സുഹൃത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംസാരമുണ്ടോ സ്വതൃപ്പങ്ങളുണ്ടോ എന്തെങ്കിലുമുണ്ടോ അപ്പൊ മൂലാവിദ്യ ദോഷം ചെയ്യുന്നു അതുകൊണ്ട് പക്ഷെ ഈ പ്രപഞ്ചത്തിന് ഉപാദാനമായിരിക്കുന്ന എന്ത് മൂലാവിദ്യ അപ്പം സുഹൃത്തിയിൽ ആവിദ്യമുണ്ടോ ഇല്ലേന്ന് ചോദിക്കുന്നത് അടിസ്ഥാന ഈ തർക്കമാണെന്താണ് അത് ഇവിടെ ഈ അധ്യാസ ഭാഷത്തിൽ പറയുന്ന അധ്യാസം തന്നെയാണോ മൂലാവിദ്യ അതോ വേറെയാണ് അത് പരിണമിക്കുന്ന എന്താണ് മൂലാവിദ്യ പരിണമിക്കുന്നതാണ് മൂലാവിദ്യ എന്ത് ചെയ്യുന്നു ജഗത്തായി പരിണമിക്കുന്നു അപ്പോ ആ മൂലാവിദ്യ എന്ന് പറയുന്നത് കേവലമായ മൂലാവിദ്യ പരിണമിക്കാൻ പറ്റില്ല പിന്നെ എന്ത് വേണം ആ ചൈതന്യം വേണം അപ്പോ എന്തുവരുന്നു പറയും മൂലാവിദ്യ ഉപാധിയായിരിക്കുന്ന ബ്രഹ്മപരിണാമം എന്ന് പറയും മൂലാവിദ്യ ഉപാധിയായിരിക്കുന്ന ബ്രഹ്മപരിണാമം എന്ന് പറയാം ശുദ്ധമായ ബ്രഹ്മം പരിണമിക്കയില്ല ശുദ്ധമായ ബ്രഹ്മം പരിണമിക്ക പിന്നെ എന്നും പറയാം ഈ ബ്രഹ്മത്തിൽ വിവർത്തമാണെന്ത് മൂലാവിദ്യ ബ്രഹ്മത്തിൽ വിവർത്തമാണ് അപ്പോ പ്രപഞ്ചത്തെ ആ മൂലാവിദ്യ പ്രപഞ്ചം അതുകൊണ്ട് പ്രപഞ്ചത്തെ എന്ത് പറയാം ബ്രഹ്മവിവർത്തം എന്നും പറയാം ബ്രഹ്മ വിവർത്തമാണ് പക്ഷെ ആ വിവർത്തമാണെങ്കിലും എന്ത് വരുന്നു വിവർത്തത്തിൽ തന്നെ പരിണാമം സംഭവിക്കുന്നു അവിദ്യ തന്നെ എന്ത് സംഭവിക്കുന്നു പരിണാമം സംഭവിക്കുന്നു അതും സംഭവിക്കും അവിദ്യ പരിണാമമാണ് എങ്ങനെ പരിണമിക്കുന്നു ആകാശം വായു ഇങ്ങനെ പഞ്ചഭൂതങ്ങളുണ്ടാകുന്നു സൂക്ഷ്മഭൂതങ്ങളാണ് ആദ്യം ഉണ്ടാകുന്നു അതിൽ നിന്ന് സംഭവിക്കുന്നു പിന്നെ സ്ഥൂല പ്രപഞ്ചമുണ്ടാകുന്നു ഇരേഴ് പതിനാല് ലോകങ്ങളുണ്ടാകുന്നു ഇങ്ങനെയൊക്കെ എന്താണ് ആ അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയ ബ്രഹ്മത്തിന്റെ പരിണാമം സംഭവിക്കുന്നു സ്വാഭാവികമായ ബ്രഹ്മത്തിൽ പരിണാമം സംഭവിക്കാം നിരുപാധികമായ ബ്രഹ്മത്തിൽ എന്ത് സംഭവിക്കുന്നു സംഭവിക്കില്ല പിന്നെ അവിദ്യ എന്ന് പറയുന്നത് എന്താണ് പരിണമിക്കുന്നുണ്ടെങ്കിലും തൈരായി പരിണമിക്കും പോലെ പരിണമിക്കുന്നില്ല അവിദ്യ വിവർത്തമാണ് ബ്രഹ്മത്തിൽ വിവർത്തമായ അവിദ്യ ഇനി ഇതെല്ലാം സംഭവിക്കുന്നു പക്ഷെ അത് വിവർത്തമായ അവിദ്യ എന്ന് പറഞ്ഞാലും പരിണാമിയായ അവിദ്യ എന്ന് പറഞ്ഞാലും എന്താണ് അവിടെ രണ്ടില്ല ബ്രഹ്മവും അവിദ്യ അങ്ങനെ രണ്ടില്ല എന്തുകൊണ്ട് അവിദ്യ വിദ്യയാണ് അവിദ്യ വിഥിയാണ് അതുകൊണ്ട് രണ്ടെണ്ണവുമില്ല അവിടെ അവിദ്യയെ പരിണാമിയായി സ്വീകരിച്ചാലും അവിദ്യയെ വിവർത്തമായി സ്വീകരിച്ചാലും അവിദ്യയുടെ കാര്യമാണ് ജഗത്വന്ന് പറഞ്ഞാലും ഇവിടെ ദ്വൈതാപത്തി ദ്വൈതം വരുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഇതെല്ലാം വിദ്യയാണ് ബ്രഹ്മം മാത്രമേ അപ്പൊ ഈ പറയുന്നതല്ല എന്താണ് ഇതെല്ലാം അദ്വീതികളുടെ യുക്തികളാണ് മനസ്സിലായ ഇതൊക്കെ സ്വീകരിക്കുന്നതിന് എന്ത് വേണം അനാദിയായി സ്വീകരിക്കണം എന്തിനാദിയായി സ്വീകരിക്കണം ബ്രഹ്മത്തെ ബ്രഹ്മത്ത് മാത്രമല്ല ജൈവു വിശുദ്ധ ചിത്രതാ ജീവേശ്വയോർഭിത അവിദ്യം അനാദേഹീകരിക്കും അനാധി വേസിക്കുന്നു അനാധി ആശീക അതുപോലെ തന്നെ ഈശ്വരൻ മൂന്നും അനാദിയാണെങ്കിൽ മൂന്ന് ഭേദവും അനാദിയാണ് പിന്നെ വിദ്യയും ബ്രഹ്മവും തമ്മിലുള്ള സംബന്ധം അതും എന്താണ് അനാദികം അപ്പോ അഞ്ച് അനാദിയെ സ്വീകരിക്കും ആറ് അനാദിയെ സ്വീകരിക്കും അവിദ്യ അനാദിയെ സ്വീകരിക്കും അവിദ്യം പിന്നെ ചിത്തമാണ് ജീവ ഈശ വിശുദ്ധ ചിത്ത് ജീവൻ ഈശ്വരൻ ശുദ്ധ ബ്രഹ്മം മൂന്നും അനാദി ജീവ ഈശ്വര വിശുദ്ധ ചിത്തേശ്വരോർഭിത ജീവനും ഈശ്വരനും ഭേദം അതും അവിദ്യ അവിദ്യ പിന്നെ അവിദ്യ അത് സ്വീകരിക്കണം പിന്നെ അവിദ്യ യോഗ ആ അവിദ്യയും ബ്രഹ്മവുമായിട്ടുള്ള സംബന്ധം അതും എന്താണ് അല്ലെ ഇതിലെല്ലാ അനാദിയായി സ്വീകരിക്കുമ്പോഴും ഈ ചിത്ത ഒഴുകിയ ബാക്കിയുള്ള എന്താണ് കല്പിതമാണ് അതുകൊണ്ട് ദ്വീതം എന്ന് പറയുന്നു ഇതും അദ്വീതയുടെ അപ്പൊ ചില അതിലേറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന അദ്വീതയുടെ എല്ലാ സിദ്ധാന്തവും ശരിയാണെങ്കിൽ എന്ത് വേണം എന്ത് വേണം ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നിനെ ഏറ്റവും അധിഷ്ഠാനമായി സ്വീകരിക്കും നിത്യശുദ്ധ ബുദ്ധുദ്ധ എന്നൊക്കെ പറഞ്ഞൊരു ബ്രഹ്മത്തിന് നിർഗുണനിരാകാര ബ്രഹ്മത്തെന്ത് ചെയ്യണം സ്വീകരിക്കണം സിദ്ധാന്തം പിന്നെ അത് ഭിന്നമായിട്ടുള്ള എല്ലാത്തിനെയും അംഗീകരിക്കുമ്പം തന്നെ അതിനെങ്ങനെ അംഗീകരിക്കണം ഇതും അംഗീകരിക്കും ഇതും സിദ്ധാന്തം ഈ ചില അടിസ്ഥാന സിദ്ധാന്തങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ബാക്കി ഇതിനെ ആശ്രയിച്ച് ബാക്കി അദ്വൈതത്തിലെല്ലാ യുക്തികളും പ്രയോഗിക്കുന്നു ശരി സ്വീകരിക്കണല്ലോ എന്താണ് ഇങ്ങനെ നിർഗുണനിരാകാര ബ്രഹ്മത്തെ അതിനെങ്ങനെ സ്വീകരിക്കും അത് അടിസ്ഥാനപരമായി സ്വീകരിക്കണുണ്ടെന്ന് നമ്മളെ അതിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം യുക്തിയിലൂടെ സ്വീകരിക്കും ഈ അടിസ്ഥാന ബ്രഹ്മത്തിനെങ്ങനെ സ്വീകരിക്കും പള്ളിയിൽ പോയി പറഞ്ഞു വിശ്വസിക്കുന്ന ശ്രുതി എന്ന് പറയുന്നത് എന്താണ് അത് പ്രമാണമാണ് ആ പ്രമാണത്തെ നിങ്ങള് അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കി പിന്നെ നിങ്ങളുമായിട്ട് യാതൊരു ചർച്ചയില്ല എഴുന്നേറ്റ് പൊക്കോ ഇവിടെ സദസ്സീകരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഞങ്ങൾ ആരുടെടുത്തേ സംസാരിക്കൂ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവരുടെ മാത്രമേ ഞങ്ങൾ സംസാരിക്കൂ അപ്പൊ വേദത്തെ പ്രമാണമായി സ്വീകരിച്ച വേദത്തിൽ ഇതൊക്കെ ഉണ്ട് ഏതൊക്കെ നിർഗുണം ബ്രഹ്മവും മായയും ആ വിദ്യയും ഉണ്ട് അപ്പൊ വേദത്തിൽ നിന്ന് വേദം പറഞ്ഞതുകൊണ്ടുണ്ട് എന്തുകൊണ്ട് വേദം ആണ് അന്തിമമായ പ്രമാണം പ്രത്യക്ഷനുമാന ബഹുമാനങ്ങളക്കാരുമെല്ലാം പ്രാധാന്യമാണ് വേദം പറഞ്ഞാൽ പറഞ്ഞതാണ് അതിനു പിന്നെ ആർക്കും ചോദ്യം ചെയ്യത്തില്ല അപ്പൊ ഈ പറയുന്ന അടിസ്ഥാന സിദ്ധാന്തങ്ങളെല്ലാം നിലനിൽക്കുന്നത് എന്നിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ പറയുന്നില്ല പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന അറിവ് എന്തായിരിക്കും പ്രമ അപ്പൊ ഈ പറയുന്നതിനെ കുറിച്ച് ഈ അറിവെല്ലാം പ്രമേയാണ് അത് ബ്രഹ്മംമായ ഇതെല്ലാം പ്രമേയാണ് അപ്പൊ പിന്നെ വേദത്തെ അംഗീകരിക്കുന്ന ഒരാളെന്ന് ഇത് ചോദ്യം ചെയ്യാൻ പറ്റും പറ്റും എങ്ങനെ എങ്ങനെ ചോദ്യം ചെയ്യും അപ്പൊ വേദത്തിലവിടെ പറഞ്ഞിരിക്കുന്നു ചോദിക്കും അപ്പൊ പിന്നെ എന്തു ചെയ്യേണ്ടി വരും വേദത്തെ വ്യാഖ്യാനിച്ച് കൊടുക്കേണ്ടി വരും അതിനാണ് ഭാഷ്യം ഇതാ വേദത്തിൽ ഇങ്ങനെ പറയുന്നത് ബ്രഹ്മസൂത്രം അതിനാണ് ബ്രഹ്മസൂത്രത്തിന്റെ അധികരണങ്ങളില്ലാതിന് വേണ്ടിയിട്ടാണ് വേദത്തിൽ ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ വേദത്തിൽ ഉണ്ട് എന്ന് അംഗീകരിച്ചേ പറ്റും അത് അദ്വീത വ്യാഖ്യാനത്തിൽ മനസ്സിലാകും അപ്പൊ വേദത്തിലുണ്ട് എന്തുകൊണ്ട് വേദത്തെ വ്യാഖ്യാനിച്ച് തെളിയിച്ചു തരാം അതിനാണ് ബ്രഹ്മസൂത്രം ൾ പറയണു ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല വേദത്തിലുണ്ടെന്ന് നിങ്ങൾ പറയുന്ന അംഗീകരിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ലെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മസൂത്രത്തിന് ഖണ്ഡിക്കണം എന്താണ് നിങ്ങൾ ഈ വേദത്തിലുണ്ടെന്ന് പറയുന്ന നിങ്ങളീ പറയുന്ന ബ്രഹ്മം ഉണ്ടല്ലോ ഇതൊന്നും അവിടെ ഇല്ല അത് പിന്നെ വണ്ണിക്കണമെങ്കിൽ അതേ ബ്രഹ്മസൂർത്തന്നെ വീണ്ടും വ്യാഖ്യാനിക്കണം വ്യാഖ്യാനിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ബ്രഹ്മം അത് ഇതെന്നൊക്കെ പറഞ്ഞ അബദ്ധമാണെന്ന് ഞങ്ങൾ തെളിയിക്കും അങ്ങനെ തെളിയിച്ച ആൾ അപ്പൊ മറ്റവരടങ്ങിയിരിക്കും അവരെന്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിച്ച എന്തു ചെയ്യും അങ്ങോട്ട് കണ്ടിരുന്ന രാമാനു രാജ കണ്ടു അവല മണ്ഡന്മാരെ ഏതെങ്കിലും ഒരു പക്ഷത്തേക്കും ഒരു പക്ഷം പിടിക്കും കോൺഗ്രസിലും ബി ജെ പിയിലും കേരള കോൺഗ്രസിലും ഒക്കെ നിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളും എന്തു ചെയ്യും ഒരു പക്ഷത്ത് നിന്നിട്ടൊരു ഇതാണ് ഞങ്ങളുടെ പക്ഷം എങ്കിലും അങ്ങനെ ഒരു ചരിത്രമുണ്ട് അത് ഇപ്പൊ എത്തി നിൽക്കുന്നത് വരെ അവിടെ ചരിത്രം എന്നിട്ട് മണ്ടൻ എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ നിങ്ങളെപ്പോലാണ് മണ്ടന്മാര് ഏ എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ ഇല്ല എന്നിട്ട് എന്തു പറയും ഞങ്ങളുടെ പക്ഷമാണ് ബുദ്ധിമാന്മാരുടെ പക്ഷം നിങ്ങളുടെ പക്ഷമാണ് മണ്ടന്മാരുടെ പക്ഷം മനസിലായെന്തു ചെയ്യും എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ ആരാണ് ബുദ്ധിമാൻ ആരാണ് മണ്ഡൻ അങ്ങനെ പയ്ക്കോണ്ട് അതാണ് എന്റെ ചരിത്രം അതുകൊണ്ട് ശ്രുതി പ്രമാണം കൊണ്ടാണ് ഇതെല്ലാം സമർത്ഥിച്ചിരിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മസൂത്രം മുഴുവൻ ബ്രഹ്മസൂത്രത്തിൻ്റെ ഓരോ അധികാരണത്തിലും പല ഭാഗത്തുനിന്ന് ശ്രുതികളെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം ഈ പറയുന്ന അദ്വിതീയമായ ബ്രഹ്മത്തെക്കുറിച്ച് പറയണമെന്ന് സമർത്ഥിക്കുകയാണ് അതിനുവേണ്ടിട്ട് എന്താണ് വളരെ അപാരമായ ഓർമ്മശക്തിയും വളരെ സൂക്ഷ്മവുമായ യുക്തിയും യുക്തി ഉപയോഗിച്ചിട്ട് ഇതിനങ്ങ് സമർത്ഥിക്കുകയാണ് അതാണ് അതുകൊണ്ട് അവദ്യ ഉള്ളവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്ന പ്രമാണാനി ശാസ്ത്രാണ് അപ്രത്യക്ഷാദി പ്രമാണവും ശാസ്ത്ര പറയുന്നത് എന്താണ് ആരാണോ ശാസ്ത്രങ്ങളെ പ്രമാണത്തെ ഒക്കെ സ്വീകരിക്കുന്നത് ഈ പ്രമാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുതി മാത്രമല്ല പ്രത്യക്ഷത്തെ ആശ്രയിക്കും കണ്ണുകൊണ്ട് കാണുകയും ചിവി കൊണ്ട് ചെയ്യുന്ന ആരാണോ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നവൻ എന്തുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് കാണിക ചെയ്യുന്ന എന്തുകൊണ്ടാണ് വിദ്യ അത്യാസമുള്ളത് അതാണ് പ്രാധാന്യം എല്ലാ അധ്യാസങ്ങളുണ്ടാവുന്ന സുഷൃത്തിൽ കാണിക എന്തെങ്കിലും ചെയ്താ അവിടെ അത്യാസം അത്യാസമുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് വെച്ചാൽ അവിടെയാണ് ശങ്കരാചാര്യർ ബുദ്ധി പ്രയോഗിച്ചിരിക്കുന്ന എന്താണ് വളരെ യുക്തിയുക്തമായി സമർപ്പിച്ചിരിക്കുന്ന എന്താണ് നിർഗുണമായ ഒരാത്മാവ് ഉണ്ട് വേറെ അത് ഈ ശരീരമായിട്ട് അനാദികാലമായി താതാത്മ്യത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എത്ര കാലം താതാത്മ്യം അത്ര കാലം വരെ എന്തുള്ളൂ പ്രത്യക്ഷാതി പ്രമാണങ്ങൾ പ്രവർത്തിക്കത്തുള്ള ഒരാൾ എപ്പോ ആ താദാത്മ്യം നഷ്ടപ്പെടുന്നോ അപ്പോ പ്രമാണങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കത്തില്ല അപ്പൊ നിങ്ങള് എന്താണ് ഞാൻ ബ്രഹ്മമാണെന്നറിയുന്നു ഇത് അധ്യാസമാണെന്ന് അറിയുന്നു അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കി ശരി അതിലൊന്നും വ്യത്യാസമില്ല എപ്പോ അധ്യാസമുണ്ടോ അപ്പോ പ്രമാണം പ്രവർത്തിക്കും ഇനി അധ്യാസം ഇതാണ് പിന്നീട് വന്ന ആൾക്കാർ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയത് അധ്യാസം ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്ന അനുസരിച്ച് അധ്യാപ അവിദ്യാവത് വിഷയാണ് പ്രത്യക്ഷാദീനി പ്രമാണാന് ശാസ്ത്രാണ് അപ്പൊ ശിഷ്യൻ നോക്കുമ്പോ എന്താണ് ഗുരുവനും പ്രത്യക്ഷാദി പ്രമാണങ്ങൾ പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊടുക്കാൻ പറ്റുമോ അപ്പോഴാണ് ശിഷ്യന് സംശയമെന്ന് അങ്ങനെയാണെങ്കിൽ ഗുരുവിനും അവിദ്യ ഉണ്ടോ അജ്ഞാനമുണ്ടോ വിദ്യാജ്ഞാനൊക്കെ ഒന്നല്ലേ അങ്ങനെ ഏത് ശിഷ്യനും സംശയിക്കില്ല അപ്പൊ പിന്നെന്താ അതിനൊരു പരിഹാരം ഗുരുവിനാ അജ്ഞനാണ് അവിദ്യ ഉള്ളവനാണെന്ന് പറഞ്ഞു ഗുരുവിനെ ജ്ഞാനിയാണ് അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പതിനൊന്ന് ശതമാനം പറയും എന്താ ഒരു വഴി എന്താണ് അവിദ്യ ഉണ്ടെങ്കിലേ പ്രമാണങ്ങൾ പ്രവർത്തിക്കത്തുള്ളൂ അവിദ്യയില്ലെങ്കിൽ പ്രമാണങ്ങൾ പ്രവർത്തിക്കത്തില്ല അനുവിന് അതിനൊണ്ട് ഒരു എളുപ്പ വഴി എന്തെന്ന് ശങ്കരായർ പറയുന്നത് ആ വിദ്യ ഉണ്ട് സംഗതി ശരി ഞാനും വന്ന് കഴിഞ്ഞ ആ വിദ്യ നശിക്കുകയും ചെയ്യും ഞാനും വന്ന് ആ വിദ്യ നശിക്കുന്നു പൂർണ്ണമായിട്ട് ഇല്ല അത്യാസം ഇല്ല പക്ഷെ ഇല്ലെങ്കിലും എന്തു ചെയ്യും അവിടെയാണ് ശങ്കരായരുടെ സർക്കസ് ആ വിദ്യ പ്രാരൂപത്തിൽ വീണ്ടും ഇങ്ങനെ തുടരും നശിച്ചത് തന്നെ വീണ്ടും തുടരും നശിച്ചത് അത് തുടരും അനുശങ്കരായ പറഞ്ഞത് ഏതുപോലെ തന്നെ കുലാലൻ ചക്രം കറക്കി കൈയെടുത്തു കഴിഞ്ഞാലും എന്തു കറങ്ങിക്കൊണ്ടേയിരിക്കും അതുപോലെ അവിടെ ഫോൾസ് ഇല്ലല്ലോ അവിടെ പുറമേ നിന്നൊരു ഫോൾസ് കൊടുക്കുന്നതിന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നതുപോലെ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു കഴിഞ്ഞാലും വീണ്ടും ഇതെല്ലാം തുറന്നുകൊണ്ടേ ഇതൊരു നിഴലാണ് നേരത്തെ ഉണ്ടായിരുന്ന അധ്യാസത്തിന്റെ നിഴലാണ് അപ്പൊ പിന്നെ നശിച്ച പിന്നെ തുടരുക എന്ന് പറഞ്ഞാ എന്താണ് നശിച്ചിട്ട് വീണ്ടും തുടരുക അവിടെ ചോദ്യം നശിച്ചിട്ട് വീണ്ടും തുടരുക ചത്തിട്ട് ജീവിച്ചിരിക്കുന്നു പറയുമ്പോഴേ അതങ്ങനെ സംഭവിക്കും അങ്ങനെയാണ് അത് പറയുന്നത് ഈ ജ്ഞാനം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയിലുണ്ടാകുന്ന കാര്യമാണ് ഏത് ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഞാൻ ഇവിടെ ഉണ്ടാകുന്നത് ഒരു വ്യക്തിയിൽ അപ്പം ആ ഒരു വ്യക്തിയിലുണ്ടാകുന്നതുകൊണ്ട് അങ്ങനെയുള്ള ജ്ഞാനത്തെ കുറിച്ച് ഏത് വ്യക്തിയിലുണ്ടാകുന്നോ അതയാൾക്ക് മാത്രമേ അറിയൂ അറിയാം ഒരു പനി പോലെയല്ല പനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പനിക്കുന്നെനിക്കും അറിയാൻ പറ്റും ഡോക്ടർക്ക് പിടിച്ചു നോക്കിയാൽ ഡോക്ടർക്കും അറിയാം ജ്ഞാനം പനി പോലെയല്ല പിന്നെയോ എനിക്ക് മാത്ര എനിക്ക് പനി വന്ന് പറച്ച ആരും അറിയില്ല എന്ന് അറിയുമ്പോലെയാണ് അപ്പൊ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ എനിക്ക് മാത്രേ അറിയാൻ പറ്റൂ അതുകൊണ്ട് ജ്ഞാനം വന്ന അജ്ഞാനം നിശ്ചിച്ചിട്ട് പിന്നീട് വരുന്ന ഈ പറയുന്ന എന്താണ് വീണ്ടും തുടരുന്നു എന്ന് പറയുന്ന കാര്യവും ഒരാൾക്കെ അറിയാൻ പറ്റൂ ആർക്കാണോ ജ്ഞാനം ഉണ്ടായത് വേറെയാർക്കും അത് അറിയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അവിടെയാണ് വേറെ ആർക്കും വേറെ ആൾക്കാർ മനസ്സിലാക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം ജ്ഞാനം വന്നിട്ട് അധ്യാസം ദശിച്ചതിന് ശേഷം വീണ്ടും അയാൾ ഇതിങ്ങനെ തുടരണം അതുകൊണ്ടാണ് ഭക്ഷ്യകാരം പറഞ്ഞത് സ്വസമ്മേദ്യം ജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്താണ് അത് സ്വസമ്മേദ്യം മാത്രം അറിയാൻ പറ്റിയ കാര്യമാണ് വേറൊരാൾക്ക് അത് നിഷേധിക്കാൻ പറ്റുള്ള കാരണം എന്റെ നിഷേധിക്കാൻ പറ്റും സ്വന്തം അനുഭവമാണ് ജ്ഞാനം എന്ന് പറയുന്നത് സ്വന്തം അറിവാണ് വേറെ അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കങ്ങനെ അറിവുണ്ടാകും അപ്പം എന്നെ എന്തു അറിവിന് ശേഷവും ഈ അധ്യാസം ഇങ്ങനെ ബാധ്യത അനുവർത്തിയായി തുടരും കുംഭകാരന്റെ ചക്രം പോലെ അതിങ്ങനെ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും ഏതുവരെ പ്രാരംഭം തീരുന്നതുവരെ ചം മരിക്കുന്നത് വരെ ശരീരം നശിക്കുന്നത് വരെ അപ്പം അതിനുമുണ്ട് സമാധാനം ചിലർക്ക് ഈ സമാധാനവും പോരാ അവരെന്താ പറയുന്നത് ഇതും പോരാ ഇങ്ങനെ അവർ പറയുന്ന എന്താണ് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാ സമാധിയിൽ ഉണ്ടാവുന്നതാണ് സമാധിയിൽ ജ്ഞാനം ഉണ്ടാവുമ്പോ ചെയ്യുന്നു പ്രപഞ്ചം ശരിക്കും ബാധിച്ചു പോകും ബാധിച്ചു പോന്നുവെച്ചാ ഉപാധാനം കാര്യവും നശിക്കുന്നു പിന്നെ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ സമാധിയില് ഞാൻ ബ്രഹ്മം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഉപാധാനം നശിച്ച് കഴിഞ്ഞാൽ ഞങ്ങളും നശിക്കും പ്രപഞ്ചവും നശിക്കും എല്ലാം നശിക്കും പിന്നെ സമാധിയെ കുറിച്ച് ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും കാരണം സമാധി വന്നപ്പോഴത്തേക്ക് എന്ത് ജ്ഞാനം പോയിജ്ഞാനം പോയി കാര്യപ്രപഞ്ചം പോയി എല്ലാം പോയി ബ്രഹ്മം മാത്രം വേണം അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ അങ്ങനെ തിരിച്ചു സമാധിയെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞുകൊടുക്കും പറയണമെങ്കിൽ അയാൾക്ക് എന്ത് ശരീരം വേണം ചുറ്റുപാടുകൾ വേണം ശിഷ്യം വേണം ലോകം വേണം ഇതൊക്കെ പിന്നെ എങ്ങനെ നടക്കും അതിനെന്താ പറയുന്നത് അങ്ങനെയാ അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഏത് എങ്ങനെയാണോ ജ്ഞാനം കൊണ്ട് അധ്യാസം നശിച്ചിട്ട് വീണ്ടും തുടരുന്നത് അതുപോലെ ജ്ഞാനം കൊണ്ട് ഇതെല്ലാം നശിച്ചതിനുശേഷം പ്രാരബ്ദം കൊണ്ട് വീണ്ടും ഇതെല്ലാം വരും അതാണ് സമാധിയിൽ നിന്നും ഉണരുന്ന എല്ലാം വീണ്ടും വരും എന്തുകൊണ്ട് അങ്ങനെ അംഗീകരിക്കുന്നു കാരണം ഒരാൾ കൃത്യമായി നിറവികൽപ്പ സമാധിയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ ജ്ഞാനം നശിക്കുന്നു അജ്ഞാനം നശിക്കുന്നു പ്രപഞ്ചം നശിക്കുന്നു ഒന്ന് കേൾ എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അങ്ങനെ ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു പക്ഷെ എത്തിയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാരംഭം കൊണ്ട് വീണ്ടും എല്ലാം വരികയാണ് അപ്പം സമാധിയിൽ ചെന്നാലും എന്തു വേണം ഇനി അങ്ങനെ അയാള് സമാധിയില്ലിരുന്നു തിരിച്ചു വന്നില്ല ഹാർട്ട് അറ്റാക്ക് ഒന്നും സമാധിയില്ല ഇപ്പൊ എന്ത് ചെയ്യുന്നു കോപസ്വാമിയെപ്പോലെ കഞ്ഞിയും കുടിച്ച് ഇൻസുലിനും എടുത്ത് പ്രഷറിൻ്റെ മരുന്നും കഴിഞ്ഞുകൊണ്ട് നടന്നു പോയി ഒരാൾ സമാധിയില്ലിരുന്നെന്ന് വെച്ചു അപ്പ സമാധിയായി കഴിഞ്ഞാൽ എന്തു ചെയ്യും പ്രാരംഭം എന്ന് വെച്ചു പിന്നെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കാര്യമുണ്ട് ന പ്രബ്ധം നശിച്ചു അങ്ങനെ ഈ സമാധാനമുണ്ട് ഗോപു സ്വാമിക്ക് സമാധിയൊക്കെ ആവും ആയിക്കൂടാന്നൊന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ അവൻ ഇവിടെ എന്തെങ്കിലും സമാധി ആയിക്കോട്ടെ ആൾക്കാർക്ക് പണിയുണ്ടാക്കി വെക്കരുത് മനസ്സിലായോ പിന്നെ പറയരുത് ബാക്കിയുള്ളവരൊക്കെ കഞ്ഞിയും കുടിച്ച് പൊളിയേം കഴിച്ച് സമാധിയായെന്ന് പറയുന്നത് അപ്പൊ ഇതിനെല്ലാത്തിനും എന്തുണ്ട് യുക്തിയുണ്ട് പറയുന്നതിനെല്ലാം മന്തുവേ പറയുന്നവർ തന്നെ അവിടെ യുക്തി പ്രയോഗിക്കും ബുദ്ധി പ്രയോഗിച്ച് എല്ലാത്തിനെയും സമർത്ഥിക്കും അതുകൊണ്ട് അവിദ്യാവുന്നുകൂടെ അത് വിദ്യാവിഷയാണ്യവ അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചിരിക്കുന്നു അധ്യാസമുള്ളവനെ ആശ്രയിച്ചിരിക്കുന്നു എന്ത് ചെയ്യുന്നു പ്രത്യക്ഷാധീനി പ്രമാണാദിനി ശാസ്ത്രി എല്ലാം അപ്പോ ബാക്കി പിന്നെ എന്തൊക്കെ നടക്കുന്നതാണ് പ്രാരബ്ധെന്ന് പറഞ്ഞോണ്ട് അതാണ് അടുത്ത് പറയുന്നത് പശുവാ പശുവാദിപിസ്റ്റാ മൃഗങ്ങൾക്ക് തുല്യം വിശേഷം എന്ന് വെച്ചാൽ പശുവാധീന്ന് വെച്ചാൽ മൃഗപക്ഷാധികൾക്ക് ഞാനി പോലും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ് മൃഗപക്ഷ്യാധികൾക്ക് തുല്യം ഒന്ന് മൃഗപക്ഷ്യാധികളും അന്നപാനാദികളൊക്കെ ചെയ്യും ഞാനിയും എന്തു ചെയ്യും അന്നപാനാദികൾക്കും പിന്നെ അങ്ങനെ ചോദിക്കുന്നു എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്തിനാ ചോറ് കഴിക്കുന്ന ചോദിക്കരുത് എന്തുകൊണ്ട് ചോദിച്ച പറഞ്ഞു കൊടുക്കണം പശുവാദിശ്ശേഷെല്ലാം ബ്രഹ്മമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും എന്തു ചെയ്യും പ്രാരബ് കൊണ്ട് ചോറ് കഴിക്കും പക്ഷെ ഇവിടെ പിന്നെ ശങ്കരായ കൂട്ടിച്ചേർത്തു ഇത് കുഴപ്പത്തിലേക്ക് പോകുമെന്ന് മേപ്പടിയാൻ അറിയാതി മനസിലായ അതുകൊണ്ട് ശങ്കരായ പറഞ്ഞു ഇത് പശുവാതി വിച്ച വിശാന്ന് പറഞ്ഞ ശരി തന്നെ പക്ഷെ ഒരു കാര്യം ഉണ്ടെന്താണ് ഞാന് പിന്നെ പശുവിനെ പോലെയല്ല ജീവിക്കേണ്ടത് കാളയെപ്പോലെയല്ല ജീവിക്കേണ്ടത് അങ്ങനെ വരാൻ പാടില്ല അപ്പൊ അവർക്ക് എന്ത് വേണം എന്തു വേണമെന്നു ഡിസിപ്ലിൻ ഡിസിപ്ലിൻ വേണോന്ന് പറഞ്ഞു അതിനചരിച്ചാല് ചിത്തശുദ്ധി ഉണ്ടാവത്ത ഡിസിപ്ലിൻ്റെ ഡിസിപ്ലിൻ ആചരിച്ചാൽ എന്തുണ്ടാവു ചിത്തശുദ്ധി ഉണ്ടാവും ചിത്തശുദ്ധിയുണ്ടെങ്കിൽ പിന്നീട് എന്തു ചെയ്യും ചിത്തശുദ്ധിയുണ്ടെങ്കിൽ എന്തുണ്ടാവു ഞാനുണ്ടായി കഴിഞ്ഞാൽ പിന്നെന്തു ചെയ്യും ആ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും തുടർന്ന് അങ്ങനെ വരാൻ വഴിയുള്ളു വേറെ വഴിയില്ല അതുകൊണ്ട് എന്താണ് തത്വജ്ഞാനിയായി കഴിഞ്ഞാല് അയാള് തത്വജ്ഞാനിയാണോന്ന് കാണുന്നവർക്ക് തിരിച്ചറിയാം എന്താണ് അടയാളം ആ ഡിസിപ്ലിൻ ഉണ്ടായി അതാണ് ധർമ്മസംഘം എന്ന് പറഞ്ഞത് ധർമ്മസംഘം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഡിസിപ്ലിനുള്ള സംഘം ധർമ്മം എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ധർമ്മം എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ആണ് ആ ഡിസിപ്ലിൻ ഉള്ള സംഘത്തെയാണ് എന്തു പറയുന്നത് ധർമ്മ സംഘം എന്ന് പറയുന്നു അല്ല വെള്ളപൊടി സംഘം അല്ല വെള്ളമുടി സംഘം അല്ല അതല്ല ധർമ്മസംഘം ഡിസിപ്ലിനുള്ള സംഘമാണ് എല്ലാരെങ്കിലും മരിച്ചിട്ട് കൂട്ടപ്രാർഥന നടത്തിയാൽ ഒന്നും മോഷം കിട്ടത്തില്ല അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല പിന്നെന്തായിരിക്കണം ധർമ്മ സംഘത്തിൽപ്പെടണം എന്നുവെച്ചാൽ ഡിസിപ്ലിനുള്ള സംഘമായിരിക്കും അത് കർശനമായിരിക്കും അതിനാണ് ധർമ്മസംഘം ഉണ്ടാക്കിയത് ശങ്കരായുർവാദി തന്നെ പറയും കാര്യത്തിലൊരു വ്യത്യാസം ശങ്കരായാലും പറയുന്നത് എന്താണ് ഡിസിപ്ലിന് പറയുന്നതാണ് ശങ്കരായ സന്യാസി സംഘത്തിലും എന്തുവേണം ഡിസിപ്ലിൻ സന്യാസ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട് ഡിസിപ്ലിൻ ഉള്ള സംഘമായിരിക്കണം വെള്ളമുളി സംഘം അപ്പോ പ്രാരബ്ദം എന്തെന്നുള്ളതിനക്തമായി പ്രാരബ്ദം എന്ന് പറഞ്ഞാ എന്താണ് ഡിസിപ്ലിൻ അല്ലാതെ ഒരാൾക്ക് എന്തും ചെയ്യുന്ന സ്വാതന്ത്ര്യം തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം നല്ല രാഷ്ട്രീയം കളിക്കാനുള്ള സ്വാതന്ത്ര്യം നല്ല വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്താ സംഗ്രഹര് പറഞ്ഞതിനാണ് വീട് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യത്യാസമുണ്ട് അക്കാര്യം ഇവിടെ പറയുന്നത് എന്താണ് പശുവാധിപിച്ച പശുക്കൾക്ക് തുല്യം എന്ന് പറഞ്ഞാൽ അനുകൂല പ്രതികൂല ഭാവങ്ങൾ ശരീര മാനസികമായ സാധാരണ ചേഷ്ടകൾ ആ ചേഷ്ടകളെന്ന് പറയുന്നത് അനുകൂലമാവുമ്പോ അനുകൂലതക്കനുസരിച്ച് പ്രവർത്തിക്കുക പ്രതികൂലമാവുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യം ബുദ്ധിപൂർവ്വമായി പ്രവർത്തിക്കുക ഇതെല്ലാം എന്താണ് പക്ഷിമൃഗാദികളെ പോലെ ഇവിടെ പക്ഷിമൃഗാദികളൊക്കെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ിനെ കുറിച്ചല്ലാ പറയും ബാഹ്യവ്യവഹാരം പക്ഷെ ഉള്ളെന്ന് പറയുന്ന അവര് ഭയം എപ്പോഴും എന്താണോ എല്ലാ വികാരങ്ങളും കൊണ്ടും ഇളകുന്ന മനസ്സാണ് അതിനെ കുറിച്ചു ബാഹ്യമായ ആചരണങ്ങൾ പുറമേ ആചരണങ്ങൾ അതിനു തുല്യമായി നടത്തും എന്ന് വെച്ചാൽ മുമ്പ് തുടർന്നു എന്നായിരിക്കും തുടരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ക്ലിയറായി മുമ്പെന്താ തുടർന്നു വന്നത് അത് തന്നെ ആയിരിക്കും വീണ്ടും അപ്പോ എന്തുവരുന്നു ഡിസിപ്ലിൻ സഹജമായി അതുകൊണ്ട് തുടരുന്നെന്തായിരിക്കും സഹജമായ ഡിസിപ്ലിൻ പശു മൃഗാദികളൊക്കെ എന്താ ചെയ്യുന്നത് അവരുടെ സഹജമായ പ്രവൃത്തികൾ തുടരുന്നു അതവരുടെ ഡിസിപ്ലിൻ ഇത് ഇവിടെ പറയുന്നു ഇവരുടെ അടിച്ചു അപ്പോ പശു മൃഗാദികളുടെയൊക്കെ ഉദാഹരണം പറയുന്നത് എന്താണോ മുമ്പെന്താണോ അവർ സഹജമായിരുന്നത് തുടരുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു സഹജമായിരുന്നത് തുടരുന്നു സന്യാസിക്ക് വേണ്ടി ശങ്കരായ വരുമ്പോ സന്യാസിക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞെന്ന് പറയും കാരണം ശങ്കരായ പറയുന്നത് എന്താണ് ഇങ്ങനെ ഈ പറയുന്ന ഞാനുണ്ടായ സന്യാസിയായേ പറ്റൂ നിർബന്ധമാണെന്നാണ് അത് പിന്നെ ശങ്കരായരുടെ വഴിക്ക് പോകും അത് മറ്റൊരു വഴിയാണ് ഗുരുവൊന്നും പറയുന്ന വഴിയല്ല മനസിലായോ ബാക്കി പറഞ്ഞ ശങ്കരായ പറയുന്നതും ഗുരു പറയുന്നതും ഒക്കെ എന്താണ് ഒരുപാട് വ്യത്യാസമുണ്ട് ആ ഡിസിപ്ലിന് അനുസരിച്ച് അങ്ങ് ജീവിച്ചാ മതി വേറെ ഒരു പറയുന്നത് എന്താണ് എന്താ പറയുന്നു പരോപകാരം ചെയ്ത് ജീവിക്കണമെന്നാണ് ആ അതിനുവേണ്ടി ചിത്രശുദ്ധിക്ക് വേണ്ടി എന്ത് ചെയ്യണം പരോപകാരം പരോപകാരം ചെയ്യണം പരോപകാരം എന്ന് പറയുന്നത് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഗ്രൂ ശങ്കരാചര് പരോപകാരം എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഏർ ശങ്കരാചാര്യെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജാതി നോക്കിയേ ചെയ്യുക ബ്രാഹ്മണന് ഉപകാരം ചെയ്യുക ക്ഷത്രിനതി കുറച്ച് ചെയ്യുക ഉം ശൂത്ര പ്രത്യേകിച്ച് ഉപകാരമൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല അപ്പോ പരോപകാരം അവിടെ ജാതി തിരിച്ചിട്ടാണ് ഗുരുവിനു വേണെങ്കിലോ അപരന് വേണ്ടി അഹർനിസം പ്രയത്നം എല്ലാ അപരന്മാരും തുല്യമാണ് അവിടെ ഗുരുവിന്റെ കാലം വന്നപ്പോ ശങ്കരാടെ ഇതൊക്കെ പോയി അപ്പൊ പരോപകാരം അപരന് വേണ്ടി അഹർനിശം എന്നുള്ളതാണ് അവർ പിന്നെ പോലും സംശയമില്ല അതാണ് ഗുരുവിന്റെ വഴി ആധുനികമായ മനുഷ്യന്റെ വഴി ശങ്കരായ വഴി എന്ന് പറയുന്ന എന്താണ് ഒരു പഴിഞ്ചം മനുഷ്യന്റെ കാലഹരണപ്പെട്ട ഒരു കിളവന്റെ വഴി ഗുരു ഒരിക്കലും വൃദ്ധനാകത്തില്ലോണ്ട് എന്നും ആധുനികനായി പുതിയ കാഴ്ചപ്പാടുള്ള ആളാണ് ശങ്കരാചാരുടെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർ പറയുന്ന ഒരു പ്രയോഗമുണ്ട് എന്താന്ന് അറിയണം വേണു ജാതി നോക്കി സേവിക്കുക എന്നൊക്കെ പറയും പക്ഷെ അന്ന് ഇന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കത് വളരെ അലോചകമായി തോന്നും അന്ന് അങ്ങനെയായിരുന്നു സമൂഹം അന്ന് പ്രശ്നമുണ്ടായിരുന്നു ഇന്നെല്ലാവരും അംഗീകരിച്ച കാര്യമാണ് ഇന്ന് ജനാധിപത്യ രാജ്യമായോണ്ടാണ് നമുക്ക് തോന്നുന്നത് അതൊന്നും ശരിയല്ലല്ലോ ജനാധിപത്യ ബോധം ഉള്ളതുകൊണ്ടാണ് മനസിലായ ജനാധിപത്യ ബോധമില്ലാത്തവർക്ക് സ്വയം തോന്നും എന്താണ് ഉന്നതങ്ങളുടെ ജാതന്മാരെന്നൊക്കെ ഒരു ബോധമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ ഉന്നത കുല ജാതനാണ് അവരെയൊക്കെ എന്താണ് ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തേണ്ടവരാണ് സമൂഹത്തിൽ ജനപ്രതിനിധിയായിരിക്കാനുള്ള യോഗ്യതയില്ലാത്തവരാണ് അതൊക്കെ ശങ്കരേരുടെ കാലത്ത് അതാണ് അന്ന് ജനാധിപത്യം അന്ന് തൈരാണ് മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തികളാണ് അവരൊക്കെ എന്താണോ ഇവിടെ ജീവിച്ചോട്ടെ പക്ഷെ അവർക്ക് ജനപ്രതിനിധിയാകാനുള്ള യാതൊരു അവകാശവും അധികാരവും ഒന്നുമില്ല കാരണം അവരുടെ ചിന്താഗതി ജനാധിപത്യത്തിന് യോജിച്ചല്ല അപ്പൊ പിന്നെ ജനപ്രതിനിധിയാവും ജനമായി മാത്രം ഇരുന്നാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു അപ്പൊ അതല്ല ഗുരു പറയുന്നു ഗുരു പറയുന്ന എന്താണ് അവരതിനുവേണ്ടി പറയുന്നു നടന്നാലും നടന്നില്ലെങ്കിലും ഗുരു പറയുന്നതാണ് അങ്ങനെ ജീവിക്കുക പറയുന്ന അപ്പൊ അതാണ് ഗുരുവിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഗുരുവിന്റെ അതും ഇതുമായിട്ടെന്താ ബന്ധം ഞാൻ അത് ഭക്തൻ ഭഗവാനോട് പറയുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്നതായിട്ട് ബന്ധം അവിടെ എന്താണ് അത് എല്ലാം നമ്മൾ വേറെ വേറെ മനസ്സിലാക്കണം ഒരു ഭക്തനെന്നുള്ള അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥന വേറെയാണ് എന്താണ് ഒരു സാമൂഹ്യബോധത്തോടുകൂടി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളും സമൂഹത്തിനുള്ള ഉപദേശങ്ങളും ഒക്കെ വേറെയാണ് ഇതൊക്കെ രണ്ടായിട്ട് കാണും ഭക്തി എന്ന് പറയുന്നത് എന്താണ് അത് വ്യക്തിപരമായ ഒരു കാര്യമാണ് ഭക്തി ആരോടാണ് ഭക്തി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിമാണ് സാമൂഹിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ് അത് കേവലം വ്യക്തി പിന്നെന്താണ് സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ് അപ്പൊ ജനത്തിന്റെ ജനപ്രതിനിധി പറയണേ ഞാൻ ഉന്നതകുല ജാതകം അയാളുടെ സാമൂഹിക കാഴ്ചപ്പാട് പരമബദ്ധമാണ് അയാൾക്ക് ജനപ്രതിനിധിയായിരിക്കാനുള്ള യോഗ്യത ഒരു ശതമാനം പോലും ഇല്ല എന്നുള്ളതാണ് അത് അങ്ങനെ അംഗീകരിക്കാനേ പറ്റത്തി വിവരമില്ലായ്മ വിവരമില്ലാത്തവർ അങ്ങനെയുള്ള സ്ഥലത്ത് ഇരിക്കരുത് അങ്ങനെയാണ് മറ്റത് ഗുരു പറയുന്നത് എന്താണ് അപരന് വേണ്ടി അഫർ നിശം പറയുന്നു എന്ന് പറയുന്നത് അത് എന്താണ് തന്നെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമുണ്ട് പിന്നെ സമൂഹത്തെ മൊത്തം ബാധിക്കുന്നവരുമാണ് തൻ്റെ സ്വകാര്യതയല്ല പറയുന്നത് എല്ലാ മനുഷ്യരും അങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നത് അത് ഏത് കാലത്തേക്കും വേണ്ടി പറയുന്നതാണ് അതാണ് ഡിസിപ്ലിൻ എന്ന് ഗുരു പറയുന്നു മനസിലായോ അപ്പൊ ചോദിക്കും അവരിന് എന്താ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരും അവരിന് എന്താ വേണ്ടത് ുംങ്ങനെ തൂക്കി വിൽക്കല്ലേ അപരന് വേണ്ടെന്ന് വെച്ച അവരന്റെ ആവശ്യം എന്താണെന്ന് നോക്കണം അവന്റെ ആവശ്യമനുസരിച്ച് തനിക്ക് കൊടുക്കാൻ പറ്റിയോട് തന്റെ കൊണ്ട് കഴിയുന്നതിന്റെ കൊടുക്കാൻ പറ്റും അവന്റെ ആവശ്യം നോക്കണം അപ്പൊ അവരന്റെ ആവശ്യം നോക്കി തന്റെ കഴിവിനനുസരിച്ച് ചെയ്യുന്നതാണ് എന്തത് അപരന് വേണ്ടി അവരുടെ നിശോന്നു പറയുന്നല്ല ഇപ്പൊ അവരും എന്താണ് ഒരുപാട് ആവശ്യങ്ങളുണ്ട് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റൂ തനിക്ക് പലതും ചെയ്യണമെന്നുണ്ട് പക്ഷെ അത് അവനാവശ്യമില്ലാത്തതാണെങ്കിൽ പറ്റൂന്നും പറ്റത്തില്ല അപ്പൊ അത് ശരിയായ സാമൂഹിക ബോധത്തിൽ നിന്നുകൊണ്ട് പറയുന്ന അതാണ് ഡിസിപ്ലിൻ പറയുന്നത് ഈ പറയുന്ന ആത്മാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നു വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ വ്യത്യാസം വരുന്നത് എവിടെയാണ് സാമൂഹ്യ ബോധത്തിലാണ് വ്യത്യാസം വരുന്നത് അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പശുവാധിപിശ് വിശേഷം ഓക്കെ അവിടെ ഇരിക്കട്ടെ